ആ മതിലിന്റെ കാര്യം അതാ നഗരത്തിലെ രണ്ട് അനാഥബാരന്മാരുടേതായിരുന്നു അതിനു താഴെ അവർക്കുള്ള ഒരു നിധിയുണ്ടായിരുന്നു അവരുടെ പിതാവ് ഒരു സദ്വൃത്തനായിരുന്നു അതിനാൽ നിന്റെ രക്ഷിതാവ് അവർക്ക് പ്രായപൂർത്തിയാകുവാനും അവരുടെ നിധി പുറത്തെടുക്കുവാനും ഉദ്ദേശിച്ചു അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യമായിരുന്നു ഞാനെന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അത് ചെയ്തത് നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ വിശദീകരണം ഇതാണ്